രചന ശ്രീ ജനാർദ്ദനൻ സംവിധാനം കെ എസ് റാണാപ്രതാപൻ സംഗീതം എം ജി രാധാകൃഷ്ണൻ അവ വഴി നെടുവഴി കുറവെ ഒഴുകിയഴകലും നദി പിന്നെ ഓ ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ നെടുപുടി വേണുവും തിലകനും അവതരിപ്പിക്കുന്നു മറ്റ് അഭിനേതാക്കൾ അനന്തപുരം രവി ജഗന്നാഥൻ അലിയാർ ചന്ദ്രസേനൻ കല്ലേലി രാമചന്ദ്രൻ നായർ വഴുതക്കാട് ബാബു ജോസഫ് ഗാൻസസ് ഡൊമിനിക് ജേ കാട്ടൂർ ടി പി രാധാമണി ശാരദ നായർ ലേഖ ചേർത്തല ജയലക്ഷ്മി കെ ജി ലതി ആലാപനം കാവാലം ശ്രീകുമാർ സാങ്കേതിക നിങ്ങളെല്ലാവരും നല്ല ഒരു നാടകം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ നല്ലതാണോ എന്നറിയില്ല എങ്കിലും ഞാൻ ഈ നാടകത്തിന്റെ തിരശ്ശീല നിങ്ങളുടെ മുമ്പിൽ ഈർത്തുകയാണ് ഏ എന്താ ഓഹ് അത് ശരിയാണല്ലോ ഇതൊരു ശ്രാവ്യ നാടകമായ സ്ഥിതിക്ക് തിരശീല എന്ന വാക്ക് ഞാൻ പിൻവലിക്കുന്നു പകരം മനശീല എന്നാക്കിയാലോ അതെ അതുകൊള്ളാം ശ്രാവ്യ നാടകം ചിത്രം ചമക്കുന്നത് മനസ്സിലാണ് ഞാൻ സഹായിക്കുന്ന ഒരാൾ മാത്രം ആദ്യമേ പറയട്ടെ എനിക്കൊരു പേരില്ല നാടകത്തിലായത് കൊണ്ട് സൂത്രധാരനെന്നോ നടനെന്നോ വാദ്യക്കാരനെന്നോ അണിയറക്കാരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ആ ഒരു നദിയുടെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ അതിലൊരു ചെറിയ തോണി തുഴഞ്ഞാണ് ഞാൻ വന്നത് ക്ഷമിക്കണേ ഇടയ്ക്ക് ഒരല്പം പടുപാട്ട് പാടുന്ന ദുസ്വഭാവം ഉണ്ടെനിക്ക് പാട്ടിൻ്റെ കൂടെ കൊച്ചൊരു കഥ പറയാനുള്ള ദുരുദ്ദേശവും ഉണ്ടെന്ന് കുട്ടിക്കോടു ഏഹ് എന്താ ആരുടെ കഥയാണെന്നോ അല്പമൊന്ന് ക്ഷമിക്കൂ ആൾ ആരാണെന്ന് പറയും മുമ്പ് കഥാസന്ദർഭം ഏതെന്നല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനശീല ഉയർത്തുകയാണ് ഞാൻ നിങ്ങളുടെ കാതുകളെ കടം ചോദിക്കുകയാണ് നഗരഹൃദയത്തിൽ ഇവിടേക്ക് ശ്രദ്ധിക്കൂ ഇതൊരാശുപത്രിയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബി ബി ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇപ്പോൾ ആറ് കിടക്കുകളുണ്ട് അതിൽ രണ്ടെണ്ണം ഒഴിഞ്ഞുകിടക്കുന്നു ബാക്കിയുള്ള നാലെണ്ണത്തിൽ അത്യാസന്നക്കാരായ നാല് രോഗികളുണ്ട് അവരിൽ ഒരാളാണ് നമ്മുടെ കഥാനായകൻ ആ ഇതാ രണ്ടാം റൗൺസ് പരിശോധനയ്ക്കായി ഡോക്ടറെ കഴിഞ്ഞു കൂടെ സുന്ദരിയായ ഒരു നേഴ്സും ഉണ്ട് ഡോക്ടർ നേരെ നമ്മുടെ കഥാനായകന്റെ അടുത്തേക്കാണ് നീങ്ങുന്നത് ഏ എന്താ നിങ്ങൾ എന്താ ചോദിച്ചത് ഡോക്ടറും നഴ്സും എന്നെ കാണുകയില്ലേ എന്നോ കാണുകയില്ല എന്നാണ് എൻ്റെ മറുപടി കാരണം എന്താണെന്നോ പറയാം ഞാൻ വെറും ഒരു കഥ പറച്ചരുകാരൻ മാത്രമല്ല എന്റെ പ്രധാന പണി കഥ കഴിക്കുക എന്നതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഏ ആഹാ അത് ഞാനാണ് മരണം ആ സിസ്റ്റർ ഇതാണ് ഞാൻ പറഞ്ഞ പേഷ്യൻറ്റ് ഡോക്ടർ രാവിലെ പറഞ്ഞതിനു ശേഷം ഞാൻ പക്ഷേ ബോധം തെളിയേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെ കാണാനില്ലെങ്കിലും ശരീരത്തിനുള്ളിൽ കനത്താഘാതം വിറ്റിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ബോധം തെളിഞ്ഞാലേ നമുക്ക് അല്പനേരം കൂടി കാക്കാം എന്താ ശരി ഡോക്ടർ മോഹനചന്ദ്രന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടാൻ വിരലെന്ന് അനങ്ങിക്കിട്ടുവാൻ ഞാനും കാത്തു നിൽക്കുകയാണ് എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ വാസ്തവത്തിൽ എനിക്ക് മോഹനയന്ദ്രനോട് ദേഷ്യമുണ്ട് ഇന്ന് രാവിലെ ഇയാളിൻ്റെ കൈപ്പിടിയിൽ കിടന്നൊന്ന് വിടഞ്ഞതാണ് ഇന്ന് ഒരു പ്രവർത്തി ദിവസമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡിലൂടെ ഇയാൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ കാർ ശ്രമിച്ചു ഡ്രൈവർ കാറിന്റെ അടിയിലാണെന്നാ തോന്നുന്നത് കണ്ടില്ലേ കൂട്ടും കേക്കുന്നുണ്ട് ഏയ് നല്ലതല്ലേ സംഗതി കേസായ കോടതി കയറി ഇറങ്ങാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ താൻ വെറുതെ പുലിപാല് പിടിക്കാതെ മാറി അത് മാത്രമല്ല മണി ഇപ്പൊ രാവിലെ പത്തര ും ചവിട്ടി പൊളിക്കാമെങ്കിൽ നമുക്ക് ഇയാളെ ഇത് നമ്മുടെ മോഹനേന്ദ്രൻ സാറല്ലേ സാറിന് ഇയാളെ അറിയാമോ അറിയാമോന്ന് ഈ രാജ്യത്തെ പോലീസുകാർക്ക് മുഴുവൻ അറിയാമോ ഇദ്ദേഹമാണ് നമ്മുടെ ഹോം സെക്രട്ടറി മോഹനേന്ദ്രൻ ഐ ഓ അത് ശരി അതാണ് ഞാനും ഓർത്തത് എവിടെയോ കണ്ടിട്ടുള്ള മുഖമാണല്ലോ എന്ന് ആഭ്യന്തര വകുപ്പ് മാത്രമല്ല സാഹിത്യകാരം കൂടിയല്ലേ ഇയാള് ഈയിടയും എന്തോ അവാർഡ് കിട്ടി ഒന്ന് താങ്ങി പിടിച്ച സഹായിക്കേ നമുക്ക് ഏതെങ്കിലും വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം പുറത്തു മുറിവൊന്നും കാണാനില്ല അത് ഭാഗ്യം അല്ല ചങ്ങാതി താനെന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത് അപകടത്തിൽപ്പെട്ടയാളെ നേരിട്ടറിയാമായിരുന്നു നേരിട്ടറിയാമെന്നോ അറിയാം അറിയാം അയാളുടെ കീഴ് ജീവനക്കാരനാ ഞാൻ കാറിന്റെ അടിയിൽ കിടന്ന് തീർന്നു പോകണേന്നായിരുന്നു എൻറെ പ്രാർത്ഥന അതവന്മാർ തോലച്ചു ആദ്യമേ എനിക്കറിയായിരുന്നു അയാളാ കാറിന്റെ അടിയിലെന്ന് ചത്താൽ ആർക്കും നഷ്ടമില്ലാത്ത ജന്മവാ അതാ രക്ഷിക്കാൻ ശ്രമിക്കാത്തത് പുറത്തു മുറിവൊന്നും കാണാനില്ലാത്തതു തന്നെ ഭാഗ്യമെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ടില്ലേ അയാൾക്ക് എന്തറിയാം തുഷ്ടന്മാർ പന പോലെ വളരുമെന്ന് പറയുന്നത് സത്യവാ അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ആക്സിഡന്റ് നടന്നിട്ടും അയാളെ കൊണ്ടുപോകാൻ ആ കാലനും തോന്നിയില്ലല്ലോന്നായി എന്റെ വിഷമം കാലനും തോന്നിയില്ലെന്ന് കേട്ടില്ലേ മനുഷ്യരെല്ലാവരും ഇങ്ങനെയാണ് എല്ലാത്തിനും രണ്ടു പക്ഷം കാണാൻ ശ്രമിക്കും പിന്നീടുള്ള വഴിയെല്ലാം എന്നെ രാവിലെ മരണത്തിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മോഹനചന്ദ്രൻ എന്ന ഹോം സെക്രട്ടറി എന്ന സാഹിത്യകാരൻ എന്ന ഐ എസ് എന്താണ് ഭാവി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം ഇതിന്റെ ഉത്തരവ് എനിക്കറിയില്ല കാരണം മരണത്തിന്റെ ഉത്തരവാദിത്വമേ എനിക്കുള്ളൂ ജനനത്തിന്റെയും ജീവിതത്തിന്റെയും ഉത്തരവാദിത്വം മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യന് തന്നെയാണ് ഡോക്ടർ ചുണ്ടുകൾ അനങ്ങുന്നു അപ്പനെ താലാൽ പോയർത്തി വെച്ചു കൊടുക്കും ശ്വാസം നേരെ കിട്ടട്ടെ പിന്നെ വേണമെങ്കിലേ അല്പം വെള്ളം കുടിക്കാൻ കൊടുക്കാം ഇത് ആശുപത്രിയാണ് ആക്സിഡന്റ് നടന്നപ്പോ സാറിനെ ഇവിടെ കൊണ്ടുവന്നു സാറിന് ഇപ്പൊ എങ്ങനെ തോന്നുന്നു അല്ല സാറിനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമുക്ക് ചില ചെക്കപ്പുകൾ ചെയ്യാനുണ്ട് െപ്പ് ഒന്ന് രണ്ട് ഇഞ്ചക്ഷൻ ഇനിയും ഉണ്ട് സ്കാൻ ചെയ്താലേ ഇന്റേണൽ ഇഞ്ചുറീസ് അത് മാത്രമല്ല രാജ്കുമാർ ഉടൻ എത്തും രാജ്കുമാർ ഹിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഒരു കാര്യം ചെയ്യാൻ ഡോക്ടർ ഞാനിപ്പോ പോയിട്ട് ചെക്കപ്പിനായിട്ട് പിന്നെ വരാം പക്ഷേ എന്ത് പക്ഷേ മാനേജ് മൈസെൽഫ് ഇനിയിപ്പോ ചെക്കപ്പും ട്രീറ്റ്മെന്റും വേണമെങ്കിൽ തന്നെ അതിവിടെ ആകണമെന്നില്ലല്ലോ എനിവേ താങ്ക് യു ഫോർ സർക്കണം വഴി തന്നെ ഇല്ല മരണത്തിന്റെ നോട്ടമേറ്റവന് രക്ഷപ്പെടുക എളുപ്പമല്ല കാരണം മരണം മുറിവേൽപ്പിക്കുന്നത് ശരീരത്തിനെയല്ല മനസ്സിനെയാണ് പ്രിയപ്പെട്ട കേൾവിക്കാർ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ നായകൻ ഇതുവരെ മരിച്ചിട്ടില്ല അമിതാവേശത്തിൽ ആശുപത്രി മുറി വിട്ടിറങ്ങി ഓടുമ്പോൾ കുഴഞ്ഞു വീണെങ്കിലും രണ്ട് ദിവസത്തിലധികം അയാൾ അവിടെ കഴിഞ്ഞില്ല ഇത് മൂന്നാം ദിവസമാണ് ഡോക്ടറുടെയും നഴ്സിൻ്റെയും ആശുപത്രി കാവൽക്കാരുടെയും കണ്ണു വെട്ടിച്ച് മോഹനചന്ദ്രൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണിവിടെ ആ ഈ സ്ഥലം ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലേ ഇതൊരു പാർക്കാണെന്ന് പറയാം എങ്കിലും അധികം ആൾക്കാരും ഇല്ലാത്ത ഒരിടം മോഹനചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ ഇവിടം ഭൂമിയിലെ സ്വർഗമാണ് കാരണം ഇവിടുള്ള ഒറ്റമരങ്ങളും പനന്തത്തകളും അണ്ണാർക്കണ്ണനും അല്പം അകലം വിട്ടൊഴുകുന്ന ആ നദിയും അയാൾക്കൊരാേശമായിരുന്നു സ്വന്തം കൃതികളിൽ ചെറുതിൻ്റെ ബീജാഭാവം നടന്നത് ഇവിടെ വച്ചാണ് ആ ദേ ആരോ വരുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് കാര്യം മോഹനചന്ദ്രൻ ഇത്ര ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആരായിരിക്കും ഞാൻ വളരെ വൈകിയോ സാരല്ല പണ്ടൊക്കെ എന്നും വൈകി എത്തിയിരുന്നത് ഞാനായിരുന്നല്ലോ ആ അതുപോട്ടെ വസുമതിക്ക് സുഖം തന്നെയല്ലേ എന്താ ചിരിക്കുന്നത് വെറുതെ മോഹൻ ഓർമ്മയുണ്ടോയെന്നറിയില്ല നാം തമ്മിൽ കണ്ടിട്ടിപ്പോൾ പതിനേഴ് വർഷങ്ങളായി ായി തുടങ്ങിയപ്പോഴാണ് മോഹൻ എന്റെ സുഖമന്വേഷിക്കുന്നത് അല്ല അതിനാണോ എന്നെ ഇവിടെ അല്ല ആക്സിഡന്റിനെ തുടർന്ന് രണ്ടു ദിവസമായി ഇന്റൻസീവ് കയറി യൂണിറ്റിലെ ഏകാന്തമായ കിടപ്പിൽ മോഹനചന്ദ്രൻ ഐ എ എസ് പലതും ഓർത്തു ഓർമ്മകളുടെ ഒടുവിലെവിടെയോ ഈ പാവം ബസുമതിയുടെ മുഖവും തെളിഞ്ഞു അതല്ലേ സത്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാണോ വളരെ സിമ്പിൾ രാജ്യം ഭരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഭാഷയുടെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ യൂണിവേഴ്സിറ്റിയിലെ വിശിഷ്ടാംഗം വാഗ്മി എന്നിങ്ങനെ മോഹന്റെ വ്യക്തിത്വം വളരെ വലുതല്ലേ അതുകൊണ്ട് തന്നെ പത്രത്തിൽ വന്ന വാർത്തയും വളരെ വലുതായിരുന്നു അത് മാത്രമല്ല ശരി മറ്റൊന്നുകൂടിയുണ്ട് പത്രക്കാർ മറച്ചുവെച്ച ഒന്ന് നിങ്ങൾ ലെക്കും ലഗാനും ഇല്ലാതെ മദ്യപിച്ച് വണ്ടി ഓടിച്ചപ്പോൾ വഴിയരികിൽ പലയിടത്തായി തട്ടിത്തുറിപ്പിച്ച രണ്ടുപേർ മരിച്ചു രണ്ടുപേർ ഇപ്പോഴും ആശുപത്രിയിലാണ് ഈ പറയുന്നത് നോക്കൂ കള്ളം പറയണ്ട ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലും നിങ്ങളെക്കുറിച്ച് മദ്യപാനിയെന്ന് എഴുതിയിട്ടുണ്ടാവില്ല നിന്നോട് തുറന്നു പറയുന്നൊന്നും കുഴപ്പമില്ല സംഗതി സത്യമാണ് പക്ഷെ മനപൂർവ്വം അല്ല കേട്ടോ ടെൻഷൻ ആണ് എല്ലാത്തിനും കാരണം യു നോ ഐ എം എ ബിസി മാൻ രാവിലെ കോൺഫറൻസ് ഉച്ചയ്ക്ക് അബ്കാരി ലേലം വൈകിട്ട് സാഹിത്യ സമ്മേളനം രാത്രി പാർട്ടി ഓ കള്ളും കച്ചവടവും സാഹിത്യവും നല്ല കോമ്പിനേഷൻ യു അണ്ടർസ്റ്റാൻഡ് That's me. Mohannah Chandran Hmm! Here is anotherory workshop but You believe your beautiful mushroom മരണത്തിനെയും മറികടന്നുവോ എന്ന് ഞാൻ സംശയിച്ചു തുടങ്ങുകയായിരുന്നു ഇല്ല രണ്ടു ദിവസം കട്ടിലിൽ തണുത്ത നിശബ്ദതയെ തുതച്ചുകിടന്നപ്പോൾ അയാൾ കൂട്ടിയ മനക്കണക്കുകൾ ശരിയാകുവാൻ ശരീരം സമ്മതിക്കുമെന്ന് തോന്നില്ല ഇതാ കണ്ടില്ലേ അയാൾ ചുവച്ചുതുപ്പിയത് ചോരയാണ് പക്ഷേ മിടുക്കൻ അയാളത് ആ സ്ത്രീ കാണാതെ തൂവാല കൊണ്ട് തുടച്ചുകളഞ്ഞു ആ സ്ത്രീ ആരാണവർ എന്തിനാണിപ്പോൾ ഇവിടെ മോഹൻ നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം ഏ വേണ്ട എനിക്കൊരു അസുഖവുമില്ല ആ നദിന്നുള്ള തണുത്ത കാറ്റടിച്ചിട്ടാ ചുമ വന്നത് അല്ല ആട്ടെ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത് അതിവരെ മോഹൻ പറഞ്ഞില്ല പറയാം ഈ സ്ഥലം ഓർമ്മയില്ലേ പത്തിരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് വസുമതി ഇവിടെ ആദ്യം കൊണ്ടുവന്നത് അന്ന നിനക്ക് ഇത്രയും വണ്ണമില്ല നീണ്ടു കോലുപോലുള്ളൊരു പെൺകുട്ടി തലയിൽ മുല്ലപ്പൂ ചൂടിയിരുന്നു വെളുത്ത വസ്ത്രങ്ങളായിരുന്നു നിനക്ക് നേരെ ഇഷ്ടം ദൂരെ ആ നദീതീരത്തേക്ക് എന്നെങ്കിലും കൊണ്ടുപോകണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ആ അതുമാത്രമല്ല എന്നും നീ മറ്റൊന്നുകൂടി ആവശ്യപ്പെടുമായിരുന്നു എനിക്ക് അത്രയേറെ ഇഷ്ടമാണ് അത് കേട്ടുകേട്ട് മോഹൻ വല്ലാതെ മുഷിഞ്ഞു അതല്ലേ ഒരു നാൾ ഉത്തരം പറയാതെ അതൊക്കെ പഴയ കഥയല്ലേ വസുമതിൽ ദുഃഖിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് തന്നെ മനസ്സിലായില്ല വസുമതിക്കറിയുമോ എന്നറിയില്ല നിന്നെ വിട്ടതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ എന്തിനു സാഹിത്യവുമായി ബന്ധപ്പെട്ട് പോലും പലരും വന്നു പോയിട്ടുണ്ട് പക്ഷെ അവരാരും നിനക്ക് പകരക്കാരിയായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും വിവാഹം കഴിച്ചതുമില്ല പകരം ഓഫീസിൽ സ്ഥാനക്കയറ്റവും ബിസിനസിൽ അവാർഡുകളും നൽകി നന്ദി കാണിച്ചു അല്ലേ മോഹൻ ഞാൻ ഇടയ്ക്ക് കയറി പറയരുതായിരുന്നു അറിഞ്ഞിരിക്കുന്നത് നല്ലതായി ചോദിച്ചിരുന്നതിന്റെ ഉത്തരം നൽകാനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഞാൻ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ മുഹൂർത്തം നന്നായിട്ടുണ്ട് പകുതി പറഞ്ഞൊരു പ്രണയകഥയിലെ അവസാനത്തെ രംഗമാണെന്ന് തോന്നുന്നു പക്ഷേ അസുഖകരമായ ഈ നിശബ്ദത അത് വേണ്ടായിരുന്നു എന്തുകൊണ്ടതല്ലേ ആ സ്ത്രീ അതാ തിരിഞ്ഞു നടക്കുകയാണ് ഞാൻ പ്രതീക്ഷിച്ചു വസുമതി ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ പുഞ്ചിരിക്കണ്ട പക്ഷേ ഒരു നോട്ടം നമ്മുടെ നായകന് അത് ഏറ്റവും അത്യാവശ്യമായിരുന്നു നിങ്ങൾക്കറിയാവല്ലോ ജീവിതം ചിലപ്പോഴങ്ങനെയാണ് ഒരു കോടി വാക്കുകൾക്ക് പകരം നിൽക്കാൻ ഒരു നോട്ടം മതി ഞാൻ പറയുന്നു മനുഷ്യൻ്റെ മുഖമാണ് ഭാവപ്രപഞ്ചങ്ങളുടെ ഏറ്റവും നല്ല വ്യാകരണ മാതൃക ഒരു നോട്ടം കൊണ്ട് പ്രണയിക്കാം കലഹിക്കാം കരയാനും കാത്തിരിക്കാനും കൽപ്പിക്കാനും കത്തിയിരിക്കാനും ഒരേ ഒരു നോട്ടം മതി ഈ സന്ദർഭത്തിൽ മോഹനചന്ദ്രൻ ഇതിലേതാണ് ആഗ്രഹിച്ചത് എന്നറിയില്ല ഏതായാലും അയാൾ മുഖം കൈകൊണ്ട് മറച്ച് ഒരു കൽബെഞ്ചിൽ ഇരിക്കുകയാണിപ്പോൾ തൽക്കാലം ഞാനൊന്ന് അടുത്ത് തന്നിരിക്കാം ഒരു സാമീപ്യം അയാൾക്കാവശ്യമാണെന്ന് തോന്നുന്നു മരണാസന്നനാകയാൽ ചിലപ്പോൾ അയാൾക്കെന്നെ കാണാൻ കഴിഞ്ഞേക്കും ആരാ ക്ഷമിക്കണം ഞാൻ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല കുറച്ചകലും വന്നതാണ് ഇവിടെ അല്പനേരം ഇരിക്കാമെന്ന് കരുതി അങ്ങേക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ശബ്ദം പോലും ഒരിക്കലുമല്ല സാർ മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ വന്നത് തന്നെ ഏകാന്തത ആഗ്രഹിച്ചാണ് എന്ന് എനിക്ക് ഊഹിക്കാനാവും അപ്പോ ഞാനിവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചത് തന്നെ തെറ്റ് തെറ്റിന്റെ മുകളിൽ മറ്റൊരു തെറ്റ് അക്ഷന്തവ്യമായ തെറ്റാണല്ലോ നിങ്ങൾ ആള് കൊള്ളാമല്ലോ വാക്കുകളിൽ നല്ല രസികത്തും നല്ല ജോലിയാണ് സാർ ഒരിക്കലും ക്ഷാമമില്ലാത്ത ജോലി ഭൂമിയിൽ എവിടെയും ചെയ്യാൻ പറ്റും ഭാഷയുടെയും ദേശത്തിന്റെ യാതൊരു ഉത്തരം ലളിതമാണ് മനുഷ്യനെ പാട്ടിലാക്കുക അതാണ് എന്റെ പണി പാട്ടിലാക്കുക അതെ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഒരേ ഒരർത്ഥം അത്രേ ഉള്ളു യേശുദാസ് ഗ്രൈറ്റ് യുനോ കുട്ടിക്കാലത്ത് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എപ്പോഴും പാടുന്ന ഒരു കൊച്ചു റേഡിയോ ആയിരുന്നു നാലാം ക്ലാസ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോ ഹെഡ് മാസ്റ്റർ സമ്മാനിച്ച അന്ന് ഞാൻ ഉറങ്ങിയില്ല ഈ ലോകം തന്നെ എൻ്റെ കൈക്കൊമ്പളിലിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഒരു ചെറിയ പെട്ടിയിൽ ശബ്ദങ്ങളുടെ വലിയൊരു ലോകം എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ മാറ്റിമറിച്ച ആദ്യത്തെ വസ്തു റേഡിയോ ആണ് അല്ല നിങ്ങളെന്താ ഒന്നും ഇണ്ടാത്തത് ഇപ്പോൾ അധികം വർത്തമാനം പറയുന്നത് സാറാണ് ഓ വേസ് ഞാനങ്ങനെയാണ് പെട്ടെന്ന് മൂഡുകൾ ചേഞ്ച് ചെയ്യും മനഃപൂർവ്വം അല്ല ശീലിച്ചത് വയസ് അമ്പത്തെട്ടായപ്പോ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണിപ്പോ ഫലമുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ശരിയാണ് എന്തോ എനിക്ക് നിങ്ങളോടൊരു അടുപ്പം തോന്നുന്നു സംസാരിക്കാൻ ഒരു മൂട് ക്ഷണിക്കപ്പെടാതെ വന്നതാണെങ്കിലും നിങ്ങളുടെ ഈ സാന്നിധ്യം മുൻനിശ്ചയിക്കപ്പെട്ടതുപോലൊരു തോന്നൽ ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥി മരണമാണെന്നൊരു പറച്ചിലുണ്ട് യാ ഞാനും അത് വായിച്ചിട്ടുണ്ട് ഒന്നോർത്താൽ നല്ല രസമായിരിക്കും അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബർഗ്മാന്റെ ഏഴാം മുദ്ര എന്ന സിനിമ തുടങ്ങുന്ന അങ്ങനെയാണ് നായകനും മരണവും തമ്മിൽ ചതുരംഗം കളിക്കുന്നു സിനിമയുടെ അവസാനം വരെ അത് നീളും സാറിന് സിനിമയെ നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു സിനിമ മാത്രമല്ല കഥ കവിത നാടകം ചിത്രകല തുടങ്ങി ഭൂമി മലയാളത്തിൽ ഞാൻ കൈവെക്കാത്ത വിഷയങ്ങളില്ലെന്ന് പറയാം നിങ്ങൾക്കറിയാമോ വാത്സ്യായൻ എന്റെ കാമശാസ്ത്രത്തിനൊരു അനുബന്ധം ധരിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ മെറ്റീരിയൽസ് ഒക്കെ ഇനി അല്പം പ്രാക്ടിക്കൽ പെർഫെക്ഷനുള്ള ശ്രമമാണ് എന്തൊരു തമാശയാണെന്ന് നോക്കൂ ഇവിടെ ഒരാൾ മരണത്തിന്റെ മുഖത്ത് നോക്കി രഥയുടെ വീരസ്യം വിളമ്പുന്നു കഷ്ടം വട്ട് ഐ ടെല്യു ദ ട്രൂത്ത് എനിക്കിതൊക്കെ ബോറടിച്ചു തുടങ്ങി ഇനി അല്പം ആധ്യാത്മികമായാലോ എന്നാണ് ചിന്ത ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ പ്രശ്നം ഫാഷനാണെന്നതൊന്നുമില്ല സാറിന് റിട്ടയർമെന്റ് അടുത്തു അല്ലേ ഐ എം സോറി ഞാൻ ഒരു നിമിഷം എമോഷണലായി അല്ലേ ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ് സാറിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറഞ്ഞെന്നതൊന്നും തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നാലഞ്ച് ദിവസം മുമ്പാണ് ഈ ഇഷ്ടക്കെടുനെ ഞാൻ തിരിച്ചറിഞ്ഞത് അത് മറക്കാൻ ഞാൻ മൂക്കറ്റെ മദ്യപിച്ചു അതൊരാക്സിഡൻറ്റിൽ കലാശിക്കുകയും ചെയ്തു നാശം അപ്പോൾ അതാണ് കാര്യം മോഹനചന്ദ്രൻ ഐ എ എസ് റിട്ടയർമെൻറ്റിൻ്റെ ഡിപ്രഷനിലാണ് കോൺഫിഡൻഷ്യൽ ഫയലുകളെല്ലാം കളിച്ചീട്ടുകൾ പോലെ എന്റെ ഈ കൈകൾക്കുള്ളിൽ വിടർന്നിരിപ്പുണ്ട് തുറപ്പുകറക്കിയിട്ടാണെങ്കിൽ ശരി ഞാൻ എന്റെ സർവീസിന് ഒരു എക്സ്റ്റൻഷൻ വാങ്ങിക്കും മോഹനചന്ദ്രൻ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ മനസ്സിലെന്ന് കൂട്ടിക്കോ സാർ സാർ വീണ്ടും സ്വരത്തിൽ ഇത്രയും ധാർഷ്ട്യം വേണ്ട ഞാനൊരു പാപം പാട്ടുകാരനാണ് ഓ യെസ് ഞാനത് മറന്നു ഐ ആം സോറി വൈദ വൈ നമുക്ക് അല്പം നടന്നാലോ എങ്ങോട്ടാ നടക്കുക നമുക്ക് ആ നദീതീരത്തേക്ക് നടക്കാം തീരത്തെത്തിയാൽ പിന്നെ നദി തുടങ്ങുന്നിടത്തേക്ക് അവിടെ എത്തിയാൽ അതപ്പോഴല്ലേ തൽക്കാലം നടന്നു തുടങ്ങാം നമ്മടെ പദ്ധതി മുടങ്ങുന്ന ലക്ഷണ എന്നെ തിരക്കി ആളെ എന്റെ അനന്തരവൻസിലാ പേര് രാജ്കുമാർ വല്ലാത്തൊരു വിശേഷണമാണല്ലോ അത് സാറിനെ എങ്ങനെ ഇഷ്ടപ്പെടും അവന്റെ തള്ളയുണ്ടല്ലോ എന്റെ സഹോദരി തോന്നിവാസം കാണിച്ച മറ്റൊരു ജാതിക്കാരനെ കിട്ടിയത് അന്ന് ഞാൻ ബന്ധം വീക്ഷിച്ചു പിന്നെ ഇപ്പോൾ അതല്ലേ പറഞ്ഞത് ഇത്ര നാളും ഞാൻ ഒറ്റത്തടിയായിട്ടാണ് ജീവിച്ചത് അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത സഹോദരിയും മകനുമെല്ലാം ഒരാഴ്ചയായിട്ട് ഇപ്പം എൻ്റെ പുറകിലാ ഞാൻ മരിക്കാൻ പോകണമെന്നാണ് അവിടെ വിചാരം മരിച്ചാൽ ഞാൻ അവർക്ക് കിട്ടുമല്ലോ അതാ ഈ സേവനവും ശുശ്രൂഷയോ കഷ്ടം ഇതാണ് മനുഷ്യപ്രകൃതം മരണം സ്വന്തം മുന്നിൽ വന്ന് പാട്ടിലാക്കാൻ നിൽക്കുമ്പോഴും അവൻ ചിന്തിച്ചുയർന്നത് സമ്പത്ത് അന്യാധീനപ്പെടുന്നതിലാണ് ബന്ധങ്ങളുടെ വൈരാഗ്യം തീർക്കുന്നതിലാണ് ഞാൻ എന്തുമാത്രം പരിഭ്രമിച്ചെന്ന് അറിയാമോ അമ്മാവൻ നല്ല പണിയാ കാണിച്ചത് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞല്ലേ അഥവാ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരുമായിരുന്നല്ലോ എനിക്കാരും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ആയിക്കോട്ടെ അമ്മാവൻ്റെ നിർബന്ധ ബുദ്ധിക്ക് ഞങ്ങൾ ആരും തടസ്സമല്ല പക്ഷെ അതിന് ഈ തണുപ്പിൽ വന്നിക്കണോ വരൂ വീട്ടിൽ പോകാം വേണ്ട ഞാനിവിടെ ഒരാളുമായി സംസാരിച്ചിരിക്കുന്നത് നീ വയ്ക്കോ ഞാൻ എത്തിക്കോളാം ഏ അതിനാ കൂടെ ഉള്ളത് ഞാൻ ആരെയും കാണുന്നില്ലല്ലോ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചാണ് ഒരുപക്ഷെ എനിക്കൊമ്പ നദീതീരത്തേക്ക് നടന്നിരിക്കും ഞാൻ കൂടെ ചെല്ലട്ടെ മാറ അമ്മാവ നിൽക്കൂ നിൽക്കാൻ അത്ര വേഗത്തിൽ നടക്കരുത് വീഴും മോഹനചന്ദ്രന്റെ അധീനത്തിലല്ല ശരീരം പക്ഷേ മനസ്സെടർ വീണിട്ടില്ല ഇതുവരെ മരിക്കും മുമ്പ് അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും എന്താണത് എന്താണത് സുഹൃത്തുക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ മരണത്തെ നിങ്ങൾ എവിടെയൊക്കെ പ്രതീക്ഷിക്കും ഒരു കൊടും വളവിൽ തുഴനഷ്ടപ്പെട്ട സമുദ്രമധ്യത്തിൽ പതിനാല് നില കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവിൽ ഒരു മുഴം കയറിൽ റെയിൽ ഒരു ഗോപ്പ് വിഷത്തിലാർഗത്തിൽ അങ്ങനെ അങ്ങനെ അങ്ങനെ എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഒരു ബാറാണ് അധികം തിരക്കില്ലാത്ത വലിയവർ മാത്രം വരുന്ന എന്നാൽ മരണം പതിയിരിക്കുന്ന ഒരു മദ്യ വിൽപ്പനശാല ഈ ബാറിന്റെ തെക്കേ കോളിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധയെ സേവനം പകുതിയാക്കപ്പെട്ട ഒരു മേശയ്ക്ക് ചുറ്റും മൂന്ന് പേരിരിക്കുന്നു ഒരാൾ നമ്മുടെ നായകൻ ഓ അത് ഞാൻ പറയാൻ മറന്നു മോഹനചന്ദ്രൻ ഐ എ എസ് ഇതുവരെ മരിച്ചിട്ടില്ല ശരീര ദൌർബല്യം കൊണ്ട് വീണ്ടും വീണ്ടും കുഴഞ്ഞു വീഴുന്നു എന്നുള്ളത് നേടി പക്ഷേ ജീവിതാസക്തി വീണ്ടും വീണ്ടും ഈർപ്പിച്ചു ഇന്നിപ്പോൾ ഡോക്ടറേയും ബന്ധുക്കളെയും ഉപദേശങ്ങളെയും മറികടന്ന് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കാൻ എത്തിയതാണ് സുഹൃത്തുക്കളൊരാൾ കവി മറ്റൊരാൾ ാണ് വിളിക്കുന്നു മോഹന താനെന്താ ഇങ്ങനെ വയലന്റ് ആകുന്നേ അവൻ വെറുതെ ഒരു പാട്ട് പാടിയതല്ലേ വെറുതെ അല്ല മനഃപൂർവ മദ്യം ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോ ഇവൻ മരണത്തെ പാടുന്നു അങ്ങനെ എന്നെ തളർത്താവുന്നാരും വിചാരിക്കേണ്ട ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോ ഇവൻ മരണത്തെ പാടുന്നു അങ്ങനെ എന്നെ തളർത്താവുന്നാരും വിചാരിക്കണ്ട സാഹിത്യ നബസിൽ മോഹനചന്ദ്രൻ എന്ന നക്ഷത്രത്തിന് സ്വന്തമായ സ്ഥാനമുണ്ട് ഇവന്റെ പീറക്കവിതകൾ കൊണ്ട് അതിലിരുട്ട് വരുത്താൻ ഒക്കില്ല ഇതാ ഇപ്പൊ നന്നായി എന്റെ കൊച്ചേട്ടാ വെറുതെ ഇല്ലാ വചനം പറയരുത് കുടിച്ചത് തലക്ക് പിടിച്ചോണ്ടാ ഇങ്ങനെ ഓരോന്ന് തോന്നുന്നത് എങ്ങനെയാ ഓരോന്ന് തോന്നിയെന്ന് ഞാൻ ഇന്ന് ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല എന്നെ തോൽപ്പിക്കാൻ സാഹിത്യ അക്കാദമിയിൽ ലോബി ഉണ്ടാക്കിയടാ നീ അധികം ബഹളം ഉണ്ടാക്കരുത് ഇത് ബാറാണ് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രൊഫസറേ ഞാൻ പോവുക കൊച്ചേട്ടം നിർബന്ധിച്ചത് കൊണ്ടാ ഞാനിവിടെ വന്നിരുന്നത് സുഖമില്ലാത്ത മനുഷ്യരെ വിഷമിപ്പിക്കണ്ടത് കരുതിപ്പോ നിനക്കൊരു കുരിശാ നിന്നെ പോലെ ഞാൻ കൈ പിടിച്ചുയർത്തിയ കൊറേ കവികളും കഥാകാരന്മാരും ഇവിടെ ഉണ്ട് അവനൊക്കെ ഞാൻ ഇന്നൊരു കുരിശ നീ നോക്കിക്കോ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഒക്കെ ഞാൻ സാഹിത്യത്തിൻ തന്നെ ഔട്ടാക്കും ക്രിക്കറ്റ് കളിയാണോ എന്റെ കൊച്ചേട്ടാ നിങ്ങക്ക് മരണമെടുത്തതിന്റെ ആധിയാ കൂടെ തലയ്ക്കകത്ത് ഇപ്പൊ കള്ളു പിന്നെ ഞാൻ ഇവിടെ അടിയാവും എന്നെ വിട്ടേലേ അല്ലെങ്കിൽ നിനക്കൊന്നും എന്റെ കാലിലെ രണ്ട് രോമത്തിന്റെ വേല പോലും ഇല്ല ഇതാണ് എന്റെ കുഴപ്പം ലോകത്തോട് മുഴുവൻ ഒരു പുച്ഛാവം സോറി മോഹന യു ആർ സെൽഫി സെൽഫി ലൈക്ക് I am self-fish. I am self-sundered. And you know I am a self-made man. Not a beggar like you. I am not a beggar. Mohana, Mohana, Mohana. Mohanan veenum. Alla. എനിക്ക് തെറ്റി ഒരു സെൽഫ് മെയ്ഡ് മാൻ വീണു ഇതൊരു രാത്രിയാണ് പ്രശാന്ത സുന്ദരം എന്ന് പറയുക വയ്യ എങ്കിലും അല്പം ചന്തമുള്ളൊരു രാത്രിയെ നിങ്ങൾ തന്നെ ഓർമ്മകളിൽ നിന്ന് കാണാൻ ശ്രമിക്കുക ബാറിലെ വീഴ്ച കഴിഞ്ഞ് അഞ്ചാം രാത്രിയാണിത് സ്വന്തം വീടിന് മുന്നിലെ പുലുത്തകടിയിലൂടെ മോഹനചന്ദ്രൻ അതാ അയാൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇടക്കിട വാച്ചിലേക്കും വീടിൻ്റെ ഗൈറ്റിലേക്കും ശ്രദ്ധിക്കുന്നുണ്ട് അതാ അവിടെ ആരോ എത്തി അനന്തരവൻ രാജ്കുമാറാണ് ഒന്ന് കൂടെയുള്ള സ്ത്രീ അയാളുടെ അമ്മയായിരിക്കണം അതായത് മോഹനചന്ദ്രന്റെ സഹോദരി കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിൽ ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ ഈ രാത്രി തന്നെ പുറപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അമ്മാവൻ എന്താ പുറത്തിറങ്ങി നിൽക്കുന്നത് എങ്ങനെ തോന്നാതിരിക്കും വലിയ ഒരു വീടും കെട്ടി അതിനുള്ളിൽ ഒറ്റയ്ക്ക് അടയിരിക്കേ വർഷം ഇത്രയായി എന്റെ കാര്യം പോട്ടെ എനിക്ക് മറ്റൊരു വീടും കുടുംബവും ഉണ്ട് പക്ഷെ അമ്മ ഇപ്പോഴും ആ പഴയ ചെറ്റ കുടിലാണ് നിനക്കവരെ ഒരു ദിവസത്തേക്കെങ്കിലും ഇവിടേക്ക് ക്ഷണിക്കാമായിരുന്നു എന്നെ മാത്രം ചേച്ചി ഞാൻ ഏറെ ശ്രമിച്ചതുമാണ് പക്ഷെ അമ്മ വന്നില്ല വരില്ല എനിക്കറിയാം ആ നാശം പിടിച്ചും നീ സ്വയം മറന്ന് സംസാരിക്കരുത് ദ്രവിക്കാൻ കിടക്കുന്ന ആ ശരീരമാണ് നിന്നെ നീ ആക്കിയത് എനിക്കതറിയാം എത്ര വളർന്നാലും എനിക്ക് തള്ളിക്കളയാനാവില്ല മരിച്ചിട്ട് മരിക്കാനാവാതെ എന്നെ ഈ അലട്ടുന്നത് നരകം പിടിച്ച അറിവാണ് ഓഹോ കഷ്ടോഹന നീ ശാന്തമാകാൻ ശ്രമിക്കാനൊന്നും നിന്നെ ഓർമ്മിപ്പിക്കരുതായിരുന്നു പോട്ടെ നിനക്ക് സുഖമില്ലാത്തതല്ലേ വാ നമുക്ക് അകത്ത് കയറിയിരിക്കാം വേണ്ട ഇത്രനാളും നിങ്ങളെ ആരെയും ഞാൻ ഈ വീട്ടിൽ കാലുകൂത്താൻ അനുവദിച്ചില്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാളെ ഞാൻ മരിച്ചാൽ ഈ വീട് എൻ്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്കുള്ളതാണ് അത് പറയാനാ വിളിപ്പിച്ചത് ഞങ്ങൾക്കു അമ്മാവൻ എന്താ പറയുന്നത് നീ എന്താ അതിശയം പോലെ ചോദിക്കുന്നത് ഞാൻ ഇതൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലേ വീണെ അന്ന് നീ എന്റെ പിന്നാലെ ചുറ്റിക്കറി നടക്കുന്നത് അമ്മാവനാണോ നോക്കില്ല എൻറെ നാക്ക് വളരെ ചീത്തയാ രാജാ അമ്മ കേട്ടില്ല അയാൾ പറഞ്ഞത് സ്വത്ത് കണ്ടിട്ടാണ് ഞാൻ അയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഞാൻ പലതവണ പറഞ്ഞതാ ഇത്രയും നാളില്ലാത്ത ഒരു അമ്മാവും ബന്ധം വേണ്ടാന്ന് അമ്മയ്ക്കായിരുന്നല്ലോ സങ്കടം എന്നെ നിലത്ത് നിർത്താതെ അയാളുടെ ക്ഷേമം പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ കേട്ടില്ലേ തൃപ്തിയാൽ പോകാം മോഹന നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കണമായിരുന്നു രക്തത്തിന് വെള്ളത്തെക്കാൾ കട്ടിയുണ്ടാകുമെന്ന് ഞാൻ കരുതി എനിക്ക് തെറ്റിപ്പോയി എന്റെ അച്ഛൻ പറഞ്ഞതാ ശരി ഇയാളുടെ മനസ്സ് മുഴുവൻ ഇപ്പോഴും അച്ഛനോടുള്ള പകയാ സർവീസിൽ ഇരുന്ന കാലം മുഴുവൻ മേലധികാരത്തിന്റെ ഗർവിൽ അച്ഛനെ ദ്രോഹിച്ചു തന്നെ തിക്കരിച്ചിറങ്ങിയ സഹോദരി കഷ്ടപ്പെടണമെന്നായിരുന്നു ആഗ്രഹം എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുത്തനാ കൊള്ളാം ഓർത്തില്ലെങ്കിലോ ഇയാൾ എന്നെ വിഴിഞ്ഞിക്കളയോ രാജാ അമ്മയൊന്നും ഇണ്ടാതിരിക്കേ ഇതുവരെ ഒരാളും നേർക്കു നേർ വർത്തമാനം പറയാത്തതാ ഇയാളുടെ കുഴപ്പം പണവും അധികാരവും അകന്തയും കൊണ്ട് മത്തുപിടിച്ചപ്പോ ലോകം സ്വന്തം കാൽ കീഴിലാണെന്ന് കഴിയുമ്പോ അത് തെറ്റാണെന്ന് അറിഞ്ഞോളും എനിക്കൊന്നും ചെയ്യാനില്ല പക്ഷേ സർക്കാർ ചെയ്തോളും നിങ്ങളുടെ സർവീസ് നീട്ടേണ്ട എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു നാളെ മോഹനചന്ദ്രൻ ഐ റിട്ടയർ ചെയ്ത് ഇറങ്ങിയേ പറ്റൂ എന്താ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയില്ല അല്ലേ എന്നാൽ ഓർത്തോ നാളെ മുതൽ ഇയാളുടെ എല്ലാ അഹങ്കാരവും അടിച്ചമർത്തിയിരുന്നവരെല്ലാം തിരിച്ചടിക്കാൻ വരും ചിരിച്ചു കാണിച്ച സഹപ്രവർത്തകർ സർവീസിൽ അഴിമതി ആരോപിച്ച് നിങ്ങളുടെ വെക്കും കോടതിയും കേസുകളും വേറെ ചെയ്തതിനെല്ലാം അനുഭവിച്ചനുഭവിച്ച് മരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല മതി നിന്റെ അധിക പ്രസംഗം നീ അവനോട് ക്ഷമിക്ക ഒരു വഴക്കിനല്ല ഞാനിവിടെ വന്നത് സുഖമില്ലാത്ത നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കണ്ടു സന്തോഷമായി ഇനി പോവാണ് നിലാവിൽ നിൽക്കുന്ന ഒരു വിളറിയ പ്രതിമയാണിപ്പോൾ മോഹനചന്ദ്രൻ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ കലങ് മറിയുന്നുണ്ടാവാം ഞാൻ കൂടെ ഉള്ളപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ല നിങ്ങളും കേട്ടതാണല്ലോ പരിഹാസത്തിൻ്റെ പൊട്ടിച്ചിരിയുമായി പൂർവകാമുകി അകന്നുപോയി സാഹിത്യത്തിൽ ഒരു നിഷേധക്കുറിപ്പ് പോലെ ചെറുപ്പക്കാരനായ കവി തള്ളിപ്പറഞ്ഞു പല്ലുകൊഴിഞ്ഞ ഒരു സിംഹത്തിൻ്റെ നിസ്സഹായതയിലേക്ക് തള്ളിയിട്ട് അനന്തരവൻ ഇപ്പോൾ പോയതേയുള്ളൂ ഒന്നോർത്താൽ മോഹനചന്ദ്രന് ഇനി രണ്ടാം മരണമേ ഉള്ളൂ അയാൾ ഇപ്പോൾ തന്നെ ഒരു ജൈവച്ഛമാണ് മരണം പോലും പരാജയപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ നാടകത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങളത് കേട്ടറിഞ്ഞതാണല്ലോ പക്ഷേ ഇന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞേ പറ്റൂ എന്നുള്ള അറിവ് മോഹനചന്ദ്രനെ തകർത്തിരിക്കുന്നു കയ്യിൽ നിന്ന് നിമിഷങ്ങൾ വഴുതിപ്പോകുന്ന പരിഭ്രമത്തിലാണ് അയാൾ ഇത് അയാളുടെ ഓഫീസ് മുറിയാണ് രാവിലെ എട്ട് മണി മുതൽ അയാൾ ഫയലുകൾ നോക്കുന്നു നിരന്തരമായ ജോലി കീഴ് ജീവനക്കാരും എല്ലാം അന്താളിപ്പോടെ അശ്രദ്ധിക്കുന്നുണ്ട് ദാ അവരിൽ ചിലർ ഓഫീസിൻ്റെ ഇടനാഴിയിൽ കൂടി നിൽക്കുന്നു ശ്രദ്ധിക്കാം എന്റെ ബലമായ സംശയം മോഹനന്ദൻ സാറിന് എന്തോ ബാധ കേറി എന്നാണ് സത്യം അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഞാൻ ഈ ഓഫീസിൽ ശിവായി പണി ചെയ്യുന്നത് സാറിന്റെ ഫയൽ ചുമക്കുന്നോട്ട് അലക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വരെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഏഹെ ഇത്ര രാവിലെ ഇവിടെ വരുന്നതും ഇത്ര ശുഷ്കാന്തിയോടെ ജോലി ചെയ്യുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല അതും റിട്ടയർ ചെയ്യുന്ന ദിവസം ഇതിന്റെ ആവശ്യമെന്താ സംഗതി സത്യമാ പക്ഷേ കേറിയ ബാധ നല്ലതാണെന്ന് ഞാൻ പറയും ഞാൻ ഇന്ന് വരാൻ ഒരു അല്പം താമസിച്ചു ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കിടപ്പാണല്ലോ എന്ന ധൈര്യത്തിലാ താമസിച്ചത് പക്ഷെ വന്നപ്പോഴുണ്ട് ആള് സീറ്റിലിരിക്കുന്നു അര ദിവസത്തെ ലീവോ കാത് നിറയെ ശകാരമോ പ്രതീക്ഷിച്ച ഒപ്പിടാൻ ക്യാബിനിൽ കയറിയത് പക്ഷെ കക്ഷി ഒരു അക്ഷരം വെണ്ടിയില്ല അതിനേക്കാൾ അത്ഭുതം മറ്റൊന്നാ മുന്നിലൊരു സ്ത്രീ രൂപത്തെ കണ്ടാൽ അങ്ങേർക്കൊരുതരം വൃത്തികെട്ട നോട്ടവും ചൊറിയുന്ന വർത്തമാനവും പതിവുള്ളത് അങ്ങനെയുള്ള ആ മനുഷ്യൻ പോലും ഇല്ല അതുകൊണ്ടാ ഞാൻ ഞാൻ വെറുതെ എന്ത്യാലും ശരി തൊലേന്നാ എന്റെ സീറ്റ് ഇനി ഇതിന്റെ പേരില് സാറിനൊരു മെമ്മോ അടിച്ചു ചെല്ല് ഇങ്ങനെയാണെങ്കിൽ കാലിന് അവിടെ നിന്ന് ഒരാളെ മെമ്മോ കൊടുത്തിഞ്ഞി വിടും എന്ന് പറഞ്ഞുതരേ മെമ്മോ മെമ്മോ എന്റെ കയ്യിൽ സുഹൃത്തേ പക്ഷെ മോഹനചന്ദ്രൻ അത് കൈപ്പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്താ സാർ വിളിച്ചത് ആ ഈ ഫയലുകളെല്ലാം സെക്ഷനിൽ കൊണ്ടു വയ്ക്കണം ശരി സാർ അല്ല പുറത്തെന്താ ആൾക്കാരെ കൂടി ഒന്ന് സംസാരിക്കുന്ന കേട്ടല്ലോ എന്താ കാര്യം അതെ എല്ലാവരും സാറിന് പറ്റിയ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് സാർ ഞാൻ ചാകാത്തതിലല്ലേ സാർ അത് അത് പിന്നെ സാരമില്ല തനിക്ക് പോകാം ഞാനൊന്നും കേട്ടില്ല പോരേ ശരി സാർ വിചിത്രം തന്നെ മോഹനചന്ദ്രൻ ചുവരുകൾക്കപ്പുറത്തുള്ളതും കേട്ടു തുടങ്ങിയിരിക്കുന്നു മരണത്തിന് ഇനി അധിക സമയമില്ല അതാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം yes mohan chandra in here ah manaslay like. sorry njan ini statione sigarikunnilla illa office nirangana illa evide kaanu nu parayan pattilla that is to be desired on the road ha athra athyavashyam aanengil oru karyam cheyu moonu divasam kazhinje kadaltheerthayku varu i will be totally free ബീച്ചിലല്ല നദി കടലിലേക്ക് ചേരുന്ന ഭാഗമില്ലേ അവിടെ ഞാൻ കാണും ഓക്കെ ഇൻ്റർവ്യൂവോ ഫോട്ടോ എടുക്കലോ എന്ത് വേണമെങ്കിലാകാം ശരി താങ്ക് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞത് മൂന്നാം പക്കം കടൽ തീരത്ത് വരാനോ അപ്പോൾ ഛേ കടലിൽ ചാടാനുള്ള വിചാരമൊന്നും കാണില്ല പിന്നെന്താവും അയാളുടെ മനസ്സിൽ മരണത്തിനെപ്പോലും മാറ്റി നിർത്തി മറ്റെന്തോ ഒരു ലക്ഷ്യം അയാൾക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിനാണോ ധൃതിയിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയത് അതെന്താവും എവിടെയാവും എപ്പോൾ എങ്ങനെയാവും പ്രിയപ്പെട്ട കേൾവിക്കാരെ നിങ്ങളോട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ നായകനെക്കുറിച്ച് ധാരാളം നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനി പറയൂ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയായത് എന്തുകൊണ്ട് ഇത്രയധികം വെറുക്കപ്പെടുന്നു അല്പം നന്മ പോലും അയാളില്ലെന്നോ നിങ്ങൾ കേട്ടതല്ലേ ഒരാൾക്ക് പോലും മോഹൻചന്ദ്രനെക്കുറിച്ച് നല്ലത് പറയാനില്ല ഒരു തമാശയ്ക്ക് ആലോചിച്ചാൽ അയാൾക്ക് മറ്റുള്ളവരോടുള്ള വികാരവും അതുതന്നെയല്ലേ ശരിയല്ലേ ഞാൻ ഒരുപാട് ആലോചിച്ചു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഉത്തരം പറയാൻ ഒരാൾക്കേ കഴിയുള്ളു തോന്നുന്നു അയാളിതാ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ അത് പറഞ്ഞു ഇതൊരു നദീതീരമാണ് കേട്ടോ കടവിൽ കയറ്റിയിട്ട ഒരു തോണിയിൽ ഞാനിരിക്കുന്നു സമയം രാത്രിയാണ് നക്ഷത്രങ്ങളില്ലാത്ത ഒരു രാത്രി ഒന്ന് കരയാൻ കൊതിച്ചതുപോലെ ആകാശം മൂടിക്കിട്ടു നിൽക്കുന്നു കിതച്ചുകൊണ്ട് ഇങ്ങോട്ട് നടക്കുകയാണ് അയാൾ സാറെന്താ രാത്രി നേരത്ത് ഇത്ര വേഗം നടക്കുന്നത് നന്നായി കിതയ്ക്കുന്നുണ്ടല്ലോ ആ നിങ്ങളിവിടെ ഉണ്ടോ നന്നായി സാർ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു തീർച്ചയായും ഒരു നിയോഗം പോലെ മുമ്പൊരിക്കൽ നിങ്ങൾ വന്നു പെട്ടെന്ന് നമ്മൾ കൂട്ടം തെറ്റുകയും ചെയ്തു സത്യം പറയട്ടെ ബാല്യത്തിൽ പമ്പരം കളഞ്ഞു പോയൊരു കുട്ടിയുടെ നഷ്ടബോധത്തിലായിരുന്നു ഞാൻ ഓ ണെങ്കിലും എനിക്ക് നിങ്ങളെ തിരികെ കിട്ടി ശരിയാണ് നമ്മൾക്ക് പരസ്പരം തിരികെ കിട്ടി അപ്പോ നമ്മൾ നീങ്ങല്ലേ എവിടേക്ക് ഇത് നല്ല ചോദ്യം അന്ന് തീരുമാനിച്ചതല്ലേ നമ്മൾ നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പോകുന്നു നദീ മുഖത്തേക്ക് പക്ഷെ സാർ അങ്ങയുടെ ആരോഗ്യം ഡോൺ പിട്ടിട്ടില്ലേ മാൻ ക്യാൻ ഓവർകം മൗണ്ടൻസ് ബൈ ഫൈറ്റ് മാക്സിണ പറഞ്ഞതെന്ന് തോന്നുന്നു വിശ്വാസമാണ് പ്രധാനം എനിക്കിപ്പോഴതുണ്ട് പ്ലീസ് കം വളരെ നല്ലത് എന്നാൽ നമുക്ക് ഈ തോണിയിൽ ഞെങ്ങാം നിങ്ങൾ എന്താണ് ഓർക്കുന്നത് ഏയ് ഓർക്കാൻ തക്ക ചരിത്രമുള്ളവനല്ല ഞാൻ പിന്നെന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ സാറെന്താണ് ഓർക്കുന്നതെന്ന് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ നോക്കൂ പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി അതെനിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു അറിയില്ല സർ ഒരുപക്ഷേ പണി പാട്ടിലാക്കലല്ലേ ശീലിച്ചതാവും സംസാരം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാട്ട് എങ്ങനെയാവുന്ന ഞാൻ ആലോചിക്കണേ വിരോധമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പാട്ട് പാടിക്കൂടെ യാത്രയുടെ ക്ലേശവും കുറയുമല്ലോ യാതൊരു വിരോധവുമില്ല സത്യത്തിൽ സാറെ എപ്പോഴാണ് പാടാൻ ആവശ്യപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കയായിരുന്നു ഞാൻ ഒടുവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടല്ലോ സന്തോഷമായി പക്ഷേ ആദ്യം നമുക്ക് മിണ്ടാതിരുന്നാലോ പാട്ട് പാട്ടാകുന്നത് നിശബ്ദതയിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ാദ്യം പോയി മറഞ്ഞവരാറാവരപ്പെരുമഴ അവരോടായി പഴമകൾ ചൊല്ലാനേനും കൂടി വരുന്നുണ്ടേ ഏൻ തുഴയുന്നതു മേലോട്ടെങ്കിലുമൊഴുകുന്നു നദി കീഴോട്ട് ാദ്യം പോയി മറഞ്ഞവരവരെ കുക തുണയായി ആരാരാദ്യം പോയിഞ്ഞവരവരെ ക തുണയായി യ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണല്ലേ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും കുറച്ചുനേരമായി കാത്തിരിക്കുകയാണ് ഈ തീരത്ത് മണിക്കൂറുകളോളം നദിക്ക് മേലേക്ക് ഞങ്ങൾ തുഴഞ്ഞു ഇനി അല്പം കൂടെ മതി നദി തുടങ്ങുന്നിടത്തെത്തും പക്ഷേ മോഹനചന്ദ്രൻ ഈ തീരത്തിറങ്ങി ഉടൻ വരാമെന്ന് പറഞ്ഞ് അയാളുടെ ആ പൊളിഞ്ഞു വീഴാറായ കുടിലിലേക്ക് പോയിരിക്കുകയാണ് എന്താണെന്നറിയില്ല പോകുമ്പോൾ മരവിച്ച ഒരു മുഖമായിരുന്നു അയാൾക്ക് കൈകൾ വീണ്ടും വീണ്ടും കൂട്ടുത്തിരുമി ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത്ര നാളും അയാൾ കാത്തിരുന്ന ആ ലക്ഷ്യം ആ കൊടലിനുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നു അയാൾക്ക് തിരിച്ചു വരുന്നുണ്ട് അല്ല എന്താ ഇത്ര താമസിച്ചത് എപ്പാളും വേണ്ട എന്തിനാ ഇത്രയ്ക്കുന്നത് വേണ്ട വേണ്ട വേണ്ട വേണ്ട സംസാരിക്കണ്ട കൊറച്ചു നേരം മിണ്ടാതിരുന്ന് കഥപ്പെടക്കൂ ഞാൻ വീണ്ടും തോടി തൊഴയാം നദീമുഖത്തെത്താൻ ഇനി കുറച്ചു നേരം മതി സാറേത് കരയുന്നോ അതെ ഞാനൊന്ന് നന്നായി കരയാൻ ശ്രമിക്കുകയാണ് നദിയുടെ ആരംഭമായില്ലേ ഇനി ചിലപ്പോ എനിക്കതിന് കഴിഞ്ഞേക്കും പക്ഷേ എന്തിനു വേണ്ടി അറിയില്ല ഇത്ര നാളും നിർത്തിയ ഒരു പൊട്ടി കരച്ചൽ എന്റെ ഉള്ളിൽ വിങ്ങി നിൽപ്പുണ്ട് എന്തിപ്പോ നദി ജീവിതം തന്നെയാണെന്നൊരു തോന്നലാണ് എനിക്ക് അതിൻ്റെ ആരംഭത്തിലെത്തുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെത്തുകയാണ് കുട്ടികൾക്ക് മനസ്സ് പെട്ടെന്ന് പൊട്ടിക്കറിയാൻ പറ്റൂ ഞാൻ കൊതിച്ചതും ഇത്രയേറെ കഷ്ടപ്പെട്ടതും അതിനുവേണ്ടിയാണ് ഇത്രയ്ക്ക് മനസ്താപപ്പെടുവാൻ ഇവിടെ എന്ത് സംഭവിച്ചു ഇനി എന്ത് സംഭവിക്കണം ഞാൻ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു നദീമുഖത്തെത്തിയ ഞാൻ ഈ തുഴ പിടിച്ചു വാങ്ങി വെള്ളത്തിലേക്ക് വലിച്ചെറിയും അപ്പോ മഴ തുടങ്ങിയിരിക്കും വെള്ളം പെരുകി നമ്മളും തോണിയും താഴേക്ക് താഴേക്ക് ഒഴുകി ഒഴുകി പോകും അങ്ങനെ നിങ്ങൾക്കെന്നെ പാട്ടിലാക്കാൻ കഴിയും അഥവാ ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങും ഏ എന്തിനാ അതിശയിക്കുന്നത് നിങ്ങളുടെ ജോലി ഞാൻ എളുപ്പമാക്കുകയല്ലേ അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന് നോക്കൂ ജീവിതത്തിൽ വളരെയേറെ കാവട്ട്യം കാണിച്ചിട്ടുള്ളവനാണ് ഞാൻ എന്നോട് നിങ്ങളുടെ ഈ ചെറിയ കള്ള ഒരിക്കലും വിലപ്പോവില്ല സമ്മതിച്ചു സമർത്ഥനാണ് നിങ്ങൾ പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്നത് മറ്റൊന്നാണ് ജീവിതത്തിൻ്റെ മുനമ്പിൽ നിന്നുകൊണ്ട് ആടിത്തീർത്തത് ഒരു കപടവേഷമാണെന്ന് നിങ്ങൾ പറയുന്നു അറിഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു ഈ വൃത്തികെട്ട കളി ഹേ നിങ്ങളെന്തിനാ ചിരിക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടു ആ പ്രയോഗം വൃത്തികെട്ട കളി ഒന്നാലോചിച്ചാൽ അത് ശരിയാ ഞാൻ തിരിച്ചറിവ് നേടാൻ കണ്ണ് തുറന്നപ്പോൾ മുതൽ കണ്ടത് മുഴുവൻ വൃത്തികെട്ട കളികളായിരുന്നു വിശപ്പിന്റെ മണമുള്ള ബാല്യം സമ്മാനിച്ച് അച്ഛൻ പ്രസ്ഥാനത്തിന് പിൻവലമേകാൻ ജയിലിലായി രാഷ്ട്രീയത്തിൻ്റെ വൃത്തികെട്ട കളിയിൽ അച്ഛൻ ഒരിക്കലും തിരിച്ചു വന്നില്ല ഉറക്കം നഷ്ടപ്പെട്ട് കിടന്ന രാവുകളിൽ എൻ്റെ അമ്മ വീടിൻ്റെ പിൻവാതിൽ തുറക്കുന്നതും വൃത്തികെട്ട ചിരിചിരിക്കുന്നതും കേട്ടപ്പോ ഒരു നിലവിളി എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി അന്നു മുതൽ ഇന്നുവരെ അതെൻ്റെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഞാൻ എന്റെ അമ്മയെപ്പോയി കണ്ടു എന്തിനെന്നെ വളർത്തിയെന്ന ഒരു ചോദ്യത്തിനായി മാത്രം തുരുമ്പെടുത്ത് സ്തംഭിച്ചുപോയ വിജാവിരി പോലെ നിശബ്ദയായിരുന്നു അമ്മ എനിക്കത് സഹിച്ചില്ല ഞാൻ ഞാൻ അവരെ ഈ കൈകൾ കൊണ്ട് കൊന്നു നിങ്ങൾക്കറിയില്ല ഞാൻ അനുഭവിച്ച സംഘർഷം അമ്മ വിളമ്പിയ ചോറിന് വൃത്തികെട്ട രുചിയായിരുന്നു അമ്മ വാങ്ങിത്തുന്ന ഉടുപ്പുകൾക്ക് വൃത്തികെട്ട മണമുണ്ടായിരുന്നു പരപുരുഷന്മാരുടെ വാട ഒരു കൊച്ചുകുട്ടിക്ക് എങ്ങനെ താങ്ങാൻ സാധിക്കും അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ വളർന്നത് അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ ചീത്തയായത് അല്ലെങ്കിൽ അവനൊരു നല്ല കുട്ടിയാകുമായിരുന്നു വളരെ വളരെ നല്ല കുട്ടി എനിക്കതറിയാം മുഖം കലങ്ങിയൊരു നദിയിലാണ് ഞാനിപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എങ്ങനെ പഠിച്ചു പോയെന്ന് മോഹനചന്ദ്രൻ ആദ്യം പഠിച്ചത് സംശയിക്കാനാണ് പിന്നെ അവിശ്വസിക്കാനും അങ്ങനെ അങ്ങനെ വൃത്തിയില്ലായ്മകൾ ഒത്തുചേർന്ന ജീവിതത്തിലേക്ക് അവനെ ക്ഷണിച്ചു അവൻ ഇറങ്ങിച്ചെന്നു നദിയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണത് ആദ്യം ഒന്ന് അറയ്ക്കും പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നിലയില്ലെന്നറിയുന്നത് പിന്നൊരു പിടച്ചിലാണ് ജീവിക്കാനുള്ള പിടച്ചിൽ ഇതാണ് എന്റെ ജാതകം വേണമെങ്കിൽ ആത്മകഥയെന്നും പറയാം അതോ കഥയില്ലായ്മയോ നദീമുഖത്തെ ഈ ശൂന്യതയിൽ കണ്ണീരു പോലും ഇറ്റാത്ത അമ്മയുടെ കണ്ണുകളി നോക്കിയപ്പോ ഞാനും അത് മനസ്സിലാക്കി എൻ്റെത് കഥയില്ലായ്മയാവും ചിലപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളത് മറ്റൊരു കഥയായിരിക്കില്ലേ സാരമില്ല മോഹനചന്ദ്രൻ ഐ എ എസിനൊരു സൽക്കഥയ്ക്ക് നിയോഗമുണ്ടാവില്ല ഒരു ക്ലൈമാക്സിലേക്ക് കുതിച്ചു പോലും അതിന് വിധിയുണ്ടാവില്ല പക്ഷെ ഞാൻ അതിന് അനുവദിക്കില്ല കലഹിച്ചുകൊണ്ട് ഞാൻ ജീവിതം തിരുത്തി ഈ അവസാന നിമിഷവും ഞാൻ അത് തന്നെ ചെയ്യും അത്വടെ ഇങ്ങനെ തരൂ വേണ്ട ആ തുഴ എൻ്റെ കയ്യിലേക്ക് തരുമോ പിടിച്ചു വലിക്കാതെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നമ്മൾ നദീമുഖം കണ്ടുകഴിഞ്ഞു ഇനി ഈ തുഴയുടെ ആവശ്യമില്ല ഇപ്പൊ മഴ ഇനി യാത്ര താഴേക്കാണ് താഴേക്ക് മാത്രം ഇത്ര നേരം തന്ന സൗഹൃദത്തിന് പകരമായി മോഹനചന്ദ്രന് വേണ്ടി നിങ്ങൾക്കിനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ ഒരു പാട്ട് ഏറ്റവും മധുരം നിറഞ്ഞ ഒരു ഉറക്കുപാട്ട് അങ്ങനെ ശാന്തമായ കഥാന്ത്യം കൊണ്ട് ഈ നദിയെ ശമിപ്പിക്കുക പ്രിയപ്പെട്ട പാട്ട് പാടുന്ന കൂട്ടുകാരാ നിങ്ങളത് ചെയ്യില്ലേ ശരിയാണ് ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കാം തുടങ്ങുമ്പോൾ മോഹനചന്ദ്രൻ നായകനായിരുന്നു അവസാനിക്കുമ്പോൾ അയാൾ പ്രതി പരിണമിച്ചു സാരമില്ല മരണം പൊലുകുമ്പോഴെങ്കിലും അയാൾ കാരുണ്യം അർഹിക്കുന്നില്ലേ ഇതാ അയാളൊരു നെഞ്ചുകലങ്ങിയ നദി പോലെ എന്റെ അരികിലിരിക്കുന്നു ഞാൻ അയാളെ ഒന്ന് തുടക്കത്തിൽ നൂറായിരം സ്രോതസ്സുകളുടെ നിഷ്കളങ്കതയായിരുന്നു നീ സ്പടികം പോലെ വിശുദ്ധസുന്ദരം പക്ഷേ സ്രോതസ്സുകൾ അരുവികളായും അരുവികൾ പുഴയായും പുഴകൾ നദിയായും പരിണമിക്കുമ്പോൾ അശുദ്ധമാകും തെറ്റ് നിൻ്റെതല്ല തന്നെ മലകളിൽ മഴ പുതിയൊരു നദിയായി പുനർജനിക്കുന്നത് വരെ നിനക്കിന് അതുവരേക്കും ശാന്തി ശാന്തി ൂരെ നീലപ്പഴം നദീമുഖം നാടകം ഇവിടെ സമാപിക്കുന്നു രചന ശ്രീ ജനാർദ്ദനൻ സംവിധാനം കെ എസ് റാണാപ്രതാപൻ സംഗീതം എം രാധാകൃഷ്ണൻ ആലാപനം കാവാലം ശ്രീകുമാർ സാങ്കേതിക സഹായം അലക്സ് പോത്തൻ കഥാപാത്രങ്ങളും അഭിനേതാക്കളും മോഹനചന്ദ്രൻ ഐ എ എസ് തിലകൻ മരണം നെടുമുടി വേണു രാജ്കുമാർ അനന്തപുരം രവി സഹോദരി ടി രാധാമണി വസുമതി ശാരദ കവി ജഗന്നാഥൻ നിരൂപകൻ അലിയാർ ഡോക്ടർ ചന്ദ്രസേനൻ േഖ പോലീസുകാരൻ കല്ലേലി രാമചന്ദ്രൻ നായർ ഓഫീസ് ശിപ്പായി വഴുതക്കാട് ബാബു കാഴ്ചക്കാർ ജോസ് നെട്ടയം ജോസഫ് ഗാൻസസ് ഡൊമിനിക് ജെ കാട്ടൂർ ഓഫീസ് ജീവനക്കാർ കെ ജി ലതി ചേർത്തല ജയലക്ഷ്മി പശ്ചാത്തലത്തിൽ കെ എസ് ഗോപാലകൃഷ്ണൻ സി തങ്കരാജ് ഡെന്നിസ് ജോസ് ഒ കെ ആനന്ദ് കുമാർ അവരോടായി പുതു കഥ കൊല്ലാതെയും പോയി മയങ്ങി നിയും പോയി മയങ്ങീടു ദൂരെ ദൂരെ ദൂരെ നിനക്കാൽ കടലിൽ മറക്കും